സ്ത്രീയേക ദൈവത്തിന് സ്തുതി വന്യ വൈദിക ശ്രേഷ്ഠരെ ഏറ്റവും ആദരണീയരായ കർത്തൃശുശ്രൂഷകരെ കർത്തലാവ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ രണ്ടായിരത്തി അഞ്ചിലെ സുവിശേഷ മഹായോഗത്തിൽ നമുക്കെല്ലാവർക്കും വന്നുചേരാൻ ഇടയായതിൽ നമ്മുടെ ഉള്ളം നിറഞ്ഞ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവ് നമുക്ക് ആയുസ് തന്നു കർത്താവ് നമുക്ക് ആരോഗ്യം തന്നു കർത്താവ് നമുക്ക് സാഹചര്യം ഇണക്കി തന്നു കർത്താവ് നമുക്ക് സൗകര്യങ്ങൾ തന്നു എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ജീവൻ്റെ തിരുമൊഴികൾ ശ്രദ്ധിപ്പാനുള്ള സാവകാശംകർത്താവോ തന്നിരിക്കുകയാണ് വിലയേറിയ ഈ അവസരം ദൈവത്തിൻ്റെ അത്ഭുത കരുണ നമ്മെ ആനയിച്ചിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മഹത്തായ സന്ദർഭത്തിന് വേണ്ടി നമ്മുടെ ഉള്ളം സന്തോഷം കൊണ്ടും നന്ദി കൊണ്ടും നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം യന്മനമെ യഹോയെ വാഴ്ത്തുക അവൻ എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ സ്തുതിക്കുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ക്രിസ്തു സകല അകർത്തിയും പോക്കി ശുദ്ധീകരിക്കുന്ന ക്രിസ്തു നിത്യ വാതിൽ നമുക്ക് തുറന്നു തന്ന് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുവാൻ ക്രൂസിൽ മരിച്ച ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു അവിടുന്ന് ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവനവരോടുകൂടെ വസിക്കും അവനവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും സ്തോത്രം അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു പ്രിയപ്പെട്ടവരെ കണ്ണീര് തുടയ്ക്കുന്ന ആ ഒരു ക്രിസ്തു ആർദ്രവാനായ ക്രിസ്തു സ്നേഹോഷ്മളമായ സ്നേഹ വാത്സല്യഭാവത്തോടെ തമ്മെ ആലിംഗനം ചെയ്യാൻ ആണിപ്പാട്ടിലെ കരം ക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് അറിഞ്ഞ് സ്നേഹിതരെയും നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് വിശ്വാസത്തോട് നോക്കിക്കൊണ്ടിരിപ്പീൻ ക്രിസ്തു നമുക്ക് ആശ്വാസം തരും നമ്മുടെ ഹൃദയം നേറി പലതരത്തിലുള്ളതായ അവലാധികളും വേവലാധികളും വേദനാ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉൾത്തിങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദന അറിയുന്ന കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്ന കർത്താവ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ ശക്തനായ കർത്താവ് ഇന്ന് ഈ സമ്മേളനത്തിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഇന്ന് ഈ രാത്രി എൻ്റെ മേൽ നിൻ്റെ അനുഗ്രഹം പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സെൻട്രൽ കൺവെൻഷൻ നടന്നപ്പോൾ ഓരോ വാക്കുകളാണ് ഓരോ ആശയങ്ങളാണ് ചിന്താവിഷയവുമായി ദൈവം നമുക്ക് ആലോചന തന്നത് ആയിരത്തി തൊള്ളായിരത്തി സകലവും പുതുതാക്കുവീൻ എന്നുള്ളതായിരുന്നു ചിന്താവിഷയം എൺപത്തിയൊമ്പതിൽ യേശു ക്രിസ്തു സകലത്തിനും എന്നുള്ളതായിരുന്നു നമ്മുടെ ധ്യാന തൊണ്ണൂറിൽ യേശുക്രിസ്തു സർവ്വാശ്വാസവും നൽകുന്നവൻ എന്നതായ ധ്യാന വിഷയം തൊണ്ണൂറ്റിയൊന്നിൽ മഹത്വത്തിൻ്റെ കൃത്യ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു തന്നെ വിശുദ്ധന്മാരെ ചേർക്കാനായി വീണ്ടും വരുന്നവൻ എന്ന ചിന്താ വിഷയം തൊണ്ണൂറ്റി രണ്ടിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ എന്നാ ചിന്താവിഷയം നാം ധ്യാനിച്ചു തൊണ്ണൂറ്റി മൂന്നിൽ യേശു ക്രിസ്തു കൂടാതെ ന്യായം വിധിക്കുന്നവൻ എന്നതായിരുന്നു ആലോചനാ വിഷയം തൊണ്ണൂറ്റി നാലിൽ യേശു ക്രിസ്തു സകല പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് നാം ധ്യാനിക്കുകയുണ്ടായി തൊണ്ണൂറ്റിയഞ്ചിൽ യേശു ക്രിസ്തു ആന്തരിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകുന്നവൻ എന്ന് നാം ചിന്തിച്ചു തൊണ്ണൂറ്റിയാറിൽ യേശു ക്രിസ്തു സഭയുടെ അരുമമണവാളൻ എന്ന വിഷയത്തെക്കുറിച്ച് നാം പര്യാലോചിച്ചു തൊണ്ണൂറ്റിയേഴിൽ യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചം എന്ന് നാം ധ്യാനിക്കുകയുണ്ടായി തൊണ്ണൂറ്റിയെട്ടിൽ യേശു ക്രിസ്തു വിശുദ്ധ സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്നവൻ എന്ന ചിന്താവിഷയം നമ്മുടെ പ്രമുഖമായ ആലോചനയ്ക്ക് കേന്ദ്രമാക്കി തൊണ്ണൂറ്റി ഒമ്പതിൽ യേസു നൽകുന്നവൻ എന്ന് ചിന്തിച്ചു രണ്ടായിരത്തിൽ യേശു ക്രിസ്തു ശാപമോക്ഷം നൽകുന്നവൻ എന്ന് നാം ധ്യാനിച്ചു രണ്ടായിരത്തി ഒന്നിൽ നിത്യജീവൻ നൽകുന്നവൻ എന്ന ആ വിഷയം നാം പര്യാലോചിച്ചു രണ്ടായിരത്തി രണ്ടിൽ യേശു ആന്തരിക ശാന്തി നൽകുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിച്ചു രണ്ടായിരത്തി മൂന്നിൽ യേശു ക്രിസ്തു സകലവും രൂപാന്തരപ്പെടുത്തുന്നവൻ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു രണ്ടായിരത്തി നാലിൽ യേശു നഷ്ടസൗഭാഗ്യങ്ങളെ തിരിച്ചു എന്ന വിഷയം നാം ധ്യാനിക്കുകയുണ്ടായി ഇപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ചിൽ നിത്യജീവൻ നൽകുന്നവനെന്ന വിഷയം വീണ്ടും നാം ധ്യാനിക്കാൻ തുടങ്ങുകയാണ് നിത്യജീവൻ നൽകുന്ന ക്രിസ്തു സഹോദരങ്ങളെ ഈ കണ്ട വർഷങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടായി തരത്തിലുള്ളതായ പ്രതിസന്ധികളെ നാം അഭിമീകരിച്ചു ഏതെല്ലാം യാതനകളിലൂടെ നാം കടന്നുപോയി ഏതെല്ലാം രോഗങ്ങളെ നാം അഭിമുഖീകരിച്ചു ഏതെല്ലാം തരത്തിലുള്ളതായ നഷ്ടങ്ങളും കഷ്ടങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നു പല ദുഃഖ പല കണ്ണീരിൻ്റെ വിഷയങ്ങൾ നമ്മെ അലട്ടുകയുണ്ടായി ഭാരപ്പെടുത്തുകയുണ്ടായി സഹോദരങ്ങളെ എന്നാൽ നിത്യനായ ക്രിസ്തു നമ്മെ കൺമണി പോലെ പരിപാലിച്ച് ഇന്ന് വീണ്ടും കൂട്ടിവരുത്തിയിരിക്കുകയാണ് എന്താണ് ക്രിസ്തു നമ്മെ കൂട്ടി ഉദ്ദേശം ഒന്ന് ഐഹിക ജീവിതത്തിൽ സമാധാനം തരിക നേറിപ്പോകയുന്നതായി ഹൃദയങ്ങൾക്ക് ആശ്വാസം തരുക മനസ്സ് ഉഷ്ണിച്ച് വലഞ്ഞ് വിഷമിച്ച് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് മുന്നോട്ടൊരു ഗതി കാണിച്ച് പ്രശ്നങ്ങളിൽപ്പെട്ട് ഉലയുന്നവർക്ക് ഒരു ശാന്തിയും പരിഹാരവും തരിക കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു കർത്താവ് അനേകമനേകം വ്യാധികളെ മാറ്റുന്നു ശാപദോഷങ്ങളെ മാറ്റുന്നു ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റിത്തരുന്നു നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് കർത്താവ് അത്ഭുതകരമായ രോഗശാന്തി നമുക്ക് നൽകുന്നു കടബാധ്യതകൾ കർത്താവ് ഇളച്ചു തരുന്നു കടബാധ്യതകൾ കർത്താവ് മാറ്റിത്തരുന്നു കൊടിയ പ്രശ്നങ്ങൾ കർത്താവ് ഒഴിവാക്കിത്തരുന്നു കുടുംബത്തിലെ അസ്വസ്ഥതകൾ കർത്താവ് മാറ്റിത്തരുന്നു പിണുങ്ങിപ്പോയിരുന്നവരെ കർത്താവ് ഇണക്കുന്നു അകന്നുപോയവരെ ക്രിസ്തു അടുപ്പിക്കുന്നു ഭിന്നിച്ചു പോയവരെ ക്രിസ്തു ഒന്നിപ്പിക്കുന്നു എന്തെന്തെല്ലാം മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത് നാം അനുഭവിച്ചുകൊണ്ടിരുന്നത് എത്രയോ പാവബന്ധനങ്ങളാണ് കർത്താവ് അഴിച്ചത് എത്രയോ ദുശ്ചീലങ്ങളാണ് കർത്താവ് മാറ്റി എത്ര അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെയാണ് കർത്താവ് നമ്മെ നടത്തിയത് സത്യമായ ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ ജീവിതത്തിൽ തന്ന് നമ്മി അനുഗ്രഹിക്കുന്ന കരങ്ങളെ നാം കണ്ടതാണ് നാം അനുഭവിച്ച് നാം തൃക്കരങ്ങളെ മൊത്തിയതാണ് സഹോദരീ സഹോദരങ്ങളെ നാം എന്ത് ഭാഗ്യശാലികളാണെന്ന് ഞാൻ ഓർക്കുകയാണ് നാം എന്ത് ഭാഗ്യശാലികൾ ക്രിസ്തു നയിക്കുന്ന ജനം ക്രിസ്തു ജനം ക്രിസ്തുവിനെ ആശ്രയിപ്പാൻ ഭാഗ്യം ലഭിച്ച ജനം നിത്യനായ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാൻ ക്രമലഭിച്ച ജനം ക്രിസ്തുവിനെ വിശ്വസിക്കാനൊരു ഭാഗ്യം ലഭിച്ച ജനം സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ശാന്തിയുടെ തിരുവിൻഭാഗം എത്തിച്ചേർന്നു ഇഹത്തിൽ സമാധാനം പോരാ നമുക്കെല്ലാം ഈ ഭൂമിയിൽ ഒരു മരണമുണ്ട് ഒരു ദിവസം നാം കടന്നു അന്ന് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ ആയുസ് തീരുകയല്ല ഭൗതിക ആയുസ് തീർന്നാലും നിത്യ തുടരുകയാണ് നമ്മുടെ ഭാവി ജീവിതം നിത്യതയിലേക്ക് കടക്കുകയാണ് നിത്യത അതൊരു യാഥാർത്ഥ്യമാണ് ഇച്ഛണിത്തി ഇസ് എ റിയാലിറ്റി എന്ന് പറയും അതൊരു യാഥാർത്ഥ്യമാണ് മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല മരണത്തിന് ശേഷം ഒന്നുകിൽ നിത്യ നരകം അല്ലെങ്കിൽ നിത്യ സ്വർഗം വ്യക്തമാണ് കാര്യങ്ങൾ വളരെ കൃത്യമാണ് ഈ കാര്യങ്ങൾ ഒന്നുകിൽ നരകത്തിൻ്റെ നിത്യയാതനയിലേക്ക് അല്ലെങ്കിൽ നിത്യസ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നാം വിശ്വസിച്ച് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശ്വരണം നാം നമ്മുടെ അനുഭവത്തിലാക്കി നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ തിരു രക്തത്തായുള്ള പാപക്ഷമയും പാപമോചനവും പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ ജീവിതം നാം തുടങ്ങുമ്പോൾ അപ്പോഴാണ് വാസ്തവത്തിൽ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവൻ്റെ സൗഭാഗ്യ അനുഭവം യേശുക്രിസ്തു നിത്യജീവൻ നൽകുന്നവൻ ഞാൻ ഓർക്കുന്നുണ്ട് ഷിക്കാഗോ നഗരത്തിൽ ഒരിക്കൽ ഡി മോഡി പ്രസ്നേഹിക്കുകയായിരുന്നു വലിയൊരു ജനക്കൂട്ടത്തെയാണ് അദ്ദേഹം അഭിമുഖീകരിച്ചത് ഭക്തനായ വിശുദ്ധനായ ദൈവദാസനവിടെ വളരെ ശക്തമായ ആത്മപ്രവാഹത്തോടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പ്രിയപ്പെട്ടവരെ അന്ന് അദ്ദേഹം യേശുക്രിസ്തു ക്രൂസിൽ നേടിത്തുന്ന രക്ഷയെക്കുറിച്ച് പറഞ്ഞു നിത്യജീവിനെക്കുറിച്ച് പറഞ്ഞു തിരു രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞു ക്രൂസിൽ മനുഷ്യ ജാതിക്ക് വീണ്ടെടുപ്പ് ഉണ്ടായിരുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഏതൊരു മനുഷ്യനും പഴയ ജീവിതം ഇട്ട് പുതിയ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അന്ന് ആ പ്രസംഗം അവസാനിപ്പിച്ചു അദ്ദേഹം ഓർത്തു ഒന്നുകൂടി പറയേണ്ടതായിരുന്നല്ലോ എന്ന് നിങ്ങൾ ആരെല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി ഇന്ന് രാത്രി ജീവിതം സമർപ്പിച്ചു എന്ന് ഒന്ന് ചോദിക്കേണ്ടതായിരുന്നല്ലോ എന്ന് ആരെല്ലാം ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്ന് ഒരു ആഹ്വാനം നൽകേണ്ടതായിരുന്നല്ലോ എന്ന് അദ്ദേഹം ഓർത്തു എന്തുകൊണ്ട് വന്നത് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ അന്ന് ഒരു വലിയ സംഭവം ഉണ്ടായി ഷിക്കാഗോ നഗരത്തിൽ വലിയൊരു തീപ്പിടിത്തമുണ്ടായി വലിയൊരു തീപ്പിടുത്തം അന്ന് വന്നുകൂടിയ ജനങ്ങളിൽ വലിയൊരു ഭാഗം ആ അഗ്നിക്ക് ഇരയായിത്തീർന്നു അദ്ദേഹം പിന്നീട് കരയുകയുണ്ടായി കർത്താവെ ജനത്തിന് രക്ഷയുടെ ദൂത് കൊടുത്തു പക്ഷേ രക്ഷയിലേക്ക് ജനത്തെ ആനയിക്കാനുള്ള ആഹ്വാനം കൊടുത്തില്ലല്ലോ അത് അവസരം നഷ്ടപ്പെട്ടല്ലോ ജനത്തെ രക്ഷയിലേക്ക് ആനയിക്കാനുള്ള ആ സമർപ്പണത്തിലേക്ക് അവർക്കൊരാഹ്വാനം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അനേകർ ഈ രക്ഷ സ്വന്തമാക്കാതെ കടന്നു പോയല്ലോ ഈ രക്ഷ സ്വായത്തമാക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഡീൽ മൂടി കരയുകയുണ്ടായി സഹോദരങ്ങളെ അന്ന് ആ രാത്രി ദൈവത്തിൻ്റെ വചനം കേട്ട ആരെല്ലാം ദൈവത്തെ സ്വീകരിച്ചു ആരെല്ലാം ഈ ഭാഗ്യാനുഭവത്തിലേക്ക് വന്നു അവർക്ക് അത്ഭുതകരമായ രക്ഷയുടെ സന്തോഷവും സ്വർഗ ആനന്ദവും അവർക്ക് കരഗതമായി പ്രിയപ്പെട്ടവരെ കർത്താവായേശു ക്രിസ്തു അവസരങ്ങൾ നമുക്ക് തരികയാണ് ദൈവാത്മാവ് എക്കാലത്തും മനുഷ്യൻ്റെ മുമ്പിൽ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എക്കാലത്തും വാദിച്ചു ദൈവം നമ്മുടെ മുന്നിൽ വന്ന് കിഞ്ചുന്നതായ സമയം നാം നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്ന് രക്ഷയുടെ കവാടം തുറന്നിട്ടുകൊണ്ട് നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ് മകനെ നീ ഈ രക്ഷയുടെ ഭട്ടകത്തിലേക്ക് അടക്കൂ മകളെ ഈ രക്ഷയുടെ പട്ടകത്തിലേക്ക് അടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ ഹൃദയം തുറന്ന് തൻ്റെ നിത്യസ്നേഹം മനുഷ്യനും അവബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് എന്നാൽ നിർഭാഗ്യം പറയട്ടെ അനേകരെ കേൾക്കുന്നു അനേകരെ വചനം കേൾക്കുന്നു എന്നാലത് വിട്ടുപോകുന്നു അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല പിന്നെയാകട്ടെ എന്ന് തീരുമാനിക്കുന്നു പിന്നെയാകട്ടെ എന്ന് സമയം നീട്ടിവെക്കുന്നു ഇപ്പോൾ വേണ്ട എന്ന് സഹോദരങ്ങളെ അടുത്ത ദിവസം നമുക്കുണ്ടോയെന്ന് ആരറിഞ്ഞു ഉറക്കുക അടുത്ത നിമിഷം നമുക്കുണ്ടോ എന്ന് ആരറിഞ്ഞു മനുഷ്യജീവിതം എത്ര ക്ഷണികമാണ് ഈ ലോക നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും വിലയേറിയതാണ് യേശു ക്രിസ്തു നമുക്ക് തരുന്നതായി വിലയേറിയ നിമിഷങ്ങൾ നാം പാഴാക്കരുത് മലയാള സാഹിത്യത്തിൽ എൻ എൻ കക്കാടെന്ന് പറയുന്ന ഒരു നല്ല കവിയുണ്ട് ആ കവി ഉണ്ടായിരുന്നു അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് സഫലവീ യാത്ര സഫലവീ യാത്ര എന്ന പുസ്തകത്തിൽ ധർമ്മവൃക്ഷം എന്നൊരു കവിതയുണ്ട് ധർമ്മവൃക്ഷം ആ കവിതയുടെ പ്രമേയം മഹാഭാരതത്തിൽ നിന്നുള്ള ചില ആശയങ്ങളാണ് മഹാഭാരതത്തിലെ ആശയങ്ങൾ അദ്ദേഹം ചിലത് എടുത്തുകൊണ്ട് ആ കവിതയിലൂടെ പ്രസ്താവിക്കുകയാണ് അതിൽ രണ്ട് തരം കുറിച്ച് പറയും ധർമ്മവൃക്ഷം എന്ന കവിതയിൽ രണ്ട് തരവൃക്ഷങ്ങൾ ഒന്ന് ധർമ്മവൃക്ഷം രണ്ട് അധർമ്മവൃക്ഷം ധർമ്മവൃക്ഷം അത് ശോഷിച്ച് ശോഷിച്ചു പോകുന്നു അധർമ്മത്തിൻ്റെ വൃക്ഷം അത് തഴച്ചു വളരുന്നു ഈ ലോകത്തിലെ കാര്യങ്ങൾ ക്രാന്തദർശിയായ മഹാകവി അത് കാണുകയാണ് ചെയ്തത് സഹോദരങ്ങളെ ഉറക്കുക ധർമ്മവൃക്ഷം ശോഷിക്കാൻ പാടില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യേശു ക്രിസ്തു വരുന്നതായ സാൻമാർഗീയ മൂല്യങ്ങൾ തളരാനും തകരാനും പാടില്ലാത്തതാണ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് അത്ഭുതകരമായ ക്രമാവരങ്ങൾ പകർന്നു തരികയാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ധർമ്മത്തിൻ്റെ നിത്യധർമ്മത്തിൻ്റെ നിത്യസമാധാനത്തിൻ്റെ നിത്യജീവൻ്റെ ആലോചനകൾ തരികയാണ് ഈ ധർമ്മം ശോഷിക്കാൻ പാടില്ല അത് കുറഞ്ഞു പോകാൻ പാടില്ല യേശു ക്രിസ്തു തരുന്നതായി നിത്യജീവന്റെ സൗഭാഗ്യം നമ്മളിൽ ഇല്ലാതെയാകാൻ പാടില്ല അധർമ്മം തഴയ്ക്കുന്നു പാപം വളരുന്നു കെടുതികൾ പെരുകുന്നു പരസ്പര വിദ്വേഷം വർദ്ധിക്കുന്നു വൈരാഗ്യങ്ങൾ പെരുകുന്നു മനുഷ്യർ സമൂഹത്തിൽ ചിതിരിച്ചു കഴിയുന്നു കുടുംബങ്ങളിൽ സമാധാനമില്ല പരസ്പരം ഇണക്കമില്ല പരസ്പരം ഐക്യമില്ല കുടുംബമാകെ മുടിഞ്ഞു കഴിയുന്നു എല്ലാവിധത്തിലും തകർച്ചയാണ് കാണുന്നത് എവിടെയുണ്ട് പ്രിയരെ സമാധാനം എവിടെയുണ്ട് സ്വസ്ഥത അനേകം അനേകം ഭവനങ്ങൾ ഇന്ന് എരിവൊരിക്കൊള്ളുകയാണ് അനേകം അനേകം കുടുംബങ്ങൾ ഇന്ന് യാതനയിലാണ് എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനം മാത്രമല്ലാതെ അഴലുകയാണ് ഒന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ യേശ്വതമ്പുര അഞ്ഞൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഐഹിക ജീവിതകാലം തൊടുവിലായി പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കരുത് പ്രിയപ്പെട്ടവരെ കലങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ കടന്നു വന്നിരിക്കുന്നവരാരെല്ലാം ഉണ്ട് ഹൃദയം തകർന്നവരായിരിക്കുന്നവരാരെല്ലാം ഉണ്ട് മനസ്സ് ബദറിയിക്കുന്നവരാരെല്ലാം ഉണ്ട് രോഗത്താലും വ്യാധിയാലും വലയുന്നവരാരെല്ലാം ഉണ്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ചില ദിവസങ്ങളിൽ ഞാൻ ചികിത്സയിലായിരുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോരാ അനേകായിരങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ ഈ കൺവെൻഷനിൽ നാഥാ എനിക്ക് ഇന്നിൻ്റെ തിരുവചനം പറയാൻ അവസരം തരണമേ കർത്താവെ ഇതിൻ്റെ തിരുവചനം പ്രസ്താവിക്കാൻ എനിക്കതിന് ക്രഭ തരണമേ നാഥാ ഈ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വേദിയിൽ എഴുതി നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ അനേകർ പ്രാർത്ഥിച്ചു അനേകർ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു എനിക്കറിയാം അനേകരുടെ ഉള്ളുനീറി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വലിയ നാമം വഹുത്തുപെടട്ടെ ദൈവത്തിന് സ്തോത്രം എന്നാൽ കാരുണ്യവാനായ ദൈവം ഇന്ന് ശരീരത്തിലെ ആരോഗ്യത്തിൻ്റെ ക്രമ തന്ന് രോഗത്തിൻ്റെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട് ഇതിൽ പരം അത്ഭുതം മറ്റെന്താണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ ഇന്നും ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കേണ്ടവരാണ് ഞാൻ എന്നാൽ ഇന്നെ അവിടെ നിന്ന് എടുത്ത് കരുണിയുള്ള കർത്താവ് കൊണ്ടുവന്നു ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഒരു ദൈവം ജീവിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു വർത്താവേ ധൈര്യത്തോടെ നിന്റെ ജനത്തിനുമുമ്പിൽ എഴുന്നേരി നിൽക്കാൻ എനിക്ക് നീ ക്രമതരണമേ പ്രിയപ്പെട്ടവരെ ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നെനിക്കറിയാം കണ്ണുനീര് കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം എന്നിൽ നടക്കുകയുണ്ടായി എന്താണെന്നോ ദൈവത്തിന് സ്തോത്രം എൻ്റെ ശരീരത്തിലുള്ള ചില പ്രയാസങ്ങൾ അത് വളരെ കുറഞ്ഞതായിട്ട് അത് തെളിവ് സഹോദരങ്ങളെ ടെസ്റ്റിൽ അങ്ങനെ റിസൾട്ട് കിട്ടുകയുണ്ടായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിലെ ദൈവം എല്ലാം തരുന്ന ദൈവമാണ് നന്മയ്ക്കായി അടയാളം തരുന്ന ദൈവമാണ് ജന ജനത്തോട് ഓടി നടന്ന് പറഞ്ഞിട്ടുണ്ട് നന്മയ്ക്കായി അടയാളം തരണമേ എന്ന് പ്രാർത്ഥിപ്പിയനെന്ന് പാവപ്പെട്ട ഞാനും പ്രാർത്ഥിച്ചു നന്മയ്ക്കായി ഒരടയാളം തരണമേ എന്ന് ദൈവത്തിന് സ്തോത്രം നന്മയ്ക്കായി ഒരു അടയാളം തരണമേ എന്നെ പുഴയ്ക്കുന്നവർ കൊണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നന്മയ്ക്കായി ദൈവം എൻ്റെ ജീവിതത്തിൽ അടയാളം തന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം അഹുത്വപ്പെടട്ടെ ഞാൻ ഇന്ന് ദൈവത്തോട് പറഞ്ഞതാണ് കർത്താവേ ഞാൻ നിന്റെ തിരുവുമ്പാകെ ഒന്നും ചോദിപ്പാൻ യോഗ്യനല്ല നിന്റെ തിരുവിൻപാകെ ഈ ഞാൻ അർഹനല്ല കർത്താവെ നിന്ന് നാം ഉച്ചരിപ്പാൻ പോലെയോ യോഗ്യത എനിക്കില്ല ഞാനോ നിസ്സാരനാണ് ഞാനോ ഭാവിയായ മനുഷ്യനാണ് എന്നാൽ എനിക്കൊന്നറിയാം നീ എന്നെ സ്നേഹിക്കുന്നു നീ ഇ മഹാപരിശുദ്ധനാണ് നീ സർവശക്തനാണ് കർത്താവേ നിന്റെ ഇഷ്ടം എല്ലാം നിറവേറണമേ ഒന്ന് ഞാൻ അറിയുന്നു എല്ലാം നന്മയ്ക്കാണെന്ന് നല്ലതുപോലെ ഞാൻ വിശ്വസിച്ചേറ്റ് പറഞ്ഞു ഒന്ന് ഞാൻ അറിയുന്നു എല്ലാം നന്മയ്ക്കാണ് പ്രിയപ്പെട്ടവരെ ദൈവസനത്തിലേക്ക് ഞാൻ ഒരു വിഷയം കൊടുത്തു കർത്താവേ ഇന്ന് ടെസ്റ്റ് നടക്കുമ്പോൾ കർത്താവേ കരുണയുള്ള ദൈവമേ നിനക്ക് ഹിതമാണെങ്കിൽ ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ വലിയൊരു കുറവുണ്ടാകണമേ എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് പന്ത്രണ്ടര മണിക്ക് റിസൾട്ട് കിട്ടി ഞാൻ ദൈവത്തെ സ്തുതിച്ചു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം വീര്യം പ്രവർത്തിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം കരുണ ചെയ്യുന്നവനാണ് സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് നന്മയ്ക്കായി അടയാളം തരുന്ന ഒരു ദൈവം ദൈവത്തിന് സ്തോത്രം നന്മയ്ക്കായി അടയാളം തരുന്ന ഒരു ദൈവം ധൈര്യത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നതിൻ്റെ പിറകെയാണ് പ്രിയപ്പെട്ടവരെ നാം പുറപ്പെട്ടിരിക്കുന്നത് പിറകെ പോകാൻ യോഗ്യനായ പിന്നാലെയാണ് നാം പുറപ്പെട്ടിരിക്കുന്നത് എന്താണ് കാരണം അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അവൻ വിശ്വാസം തരുന്നവനാണ് ക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് ക്രിസ്തു നമ്മുടെ കണ്ണുനീരൊപ്പിയൊപ്പി എടുക്കുന്നവനാണ് ക്രിസ്തു നമ്മുടെ ഹൃദയ നമ്പരങ്ങൾ മാറ്റുന്നവനാണ് പ്രിയപ്പെട്ടവരെ പോരാ ക്രിസ്തു നിത്യജീവൻ തരുന്നവനാണ് പാവങ്ങളെല്ലാം ക്ഷമിച്ച് തരുന്നവനാണ് അകൃത്യങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ് ഒരു പുതിയ ജീവിതം നമുക്ക് തരുന്നവനാണ് പഴയ ജീവിതം തെറ്റായിപ്പോയി എന്ന് കാണുവാനുള്ള വെളിവ് നമുക്ക് തരുന്നവനാണ് നിത്യജീവൻ്റെ അനുഭവം ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അരിയിലേക്ക് ഒരിക്കൽ ഓടി വന്നു യേശുവിൻ്റെ അരിയിലേക്ക് ഓടി വന്നു നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ അവൻ വന്ന് വളരെ ആവശ്യബോധത്തോടെ യേശുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നാം ആ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്തൊൻപതാം അധ്യായത്തിൽ കർത്താവായ യേശുവിൻ്റെ അടിയിലേക്ക് ഒരുത്തൻ വന്ന് യേശുവിനോട് ചോദിച്ചു എന്ന് വായിക്കുന്നു പതിനാറാം വാക്യം അനന്തരം ഒരുത്തൻ വന്ന് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തനേ ഉള്ളൂ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു കൽപ്പനകളെ പ്രമാണിക്കാ അവനോട് പറഞ്ഞു നിത്യജീവൻ പ്രായപ്പാഞ്ഞ എന്താണ് ചെയ്യേണ്ടത് കാതലായൊരു ചോദ്യമാണ് അനേകർ അനേക രേശിൻ്റെ ഇടുക്കിൽ മാറാനാണ് കണ്ണുകാഴ്ച കിട്ടാനാണ് ജീവിതത്തിലെ ഭാരങ്ങൾ മാറാനാണ് ജീവിതത്തിലെ കെടുതികൾ തീരാനാണ് ആവശ്യഭാരത്തോടെയാണ് വന്നത് അവർക്കെല്ലാം അതെല്ലാം സാധിച്ചു കിട്ടുകയും ചെയ്തു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടാണ് അവർ പോയത് പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിന് തിരുവസ്ത്രത്തിന് തൊങ്കലും തൊട്ടേ അവൾക്ക് സൗഖ്യം കിട്ടി പതിനെട്ട് കൊല്ലമായി കൂന്നുബാധിച്ച സ്ത്രീയുടെ മുതുകത്തെ കരം തൊട്ടു യേശു അവളുടെ കൂന് നിവർത്തി അവൾക്ക് സൗഖ്യം നൽകി മുപ്പത്തെട്ട് കൊല്ലമായി തളർന്നു കിടന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു അവനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു എറിഹോവിൻ്റെ തെരുവിലെഴുതുന്ന ഭർത്തിമായി എന്ന ഗുരുഡന് കർത്താവ് കാഴ്ച കൊടുത്തു യേശുവേ ദാവി ദുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കഫറുന്ന വന്ന ആ കുഷ്ട്രോഹിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു ആശ്രയിച്ച് വന്നവരെ ആരെയും വേശു ഉപേക്ഷിച്ചില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഇക്കണ്ട ആളുകളൊന്നും മരണശേഷമുള്ള നിത്യജീവനെക്കുറിച്ച് ചോദിച്ചതായി ഞാൻ കാണുന്നില്ല എന്താണ് ഈ മനുഷ്യൻ ചോദിച്ചത് ഗുരു നിത്യജീവനെ അവകാശം പ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കേണ്ടതായൊരു ചോദ്യം അവന് ചോദിച്ചു ചോദിക്കേണ്ട വ്യക്തിയോട് ചോദിച്ചു ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചു എന്താണ് അവൻ ചോദിച്ചു നിത്യജീവനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവേശത്തോടെ ചോദിക്കുകയാണ് ആർത്തിയോട് ചോദിക്കുകയാണ് നിത്യജീവനെ അവകാശമാക്കണം സുവിശേഷത്തിൽ പറയുന്ന ആ കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനേഴാം വാക്യത്തിൽ ഒന്നുകൂടി വിശദീകരിച്ച് കാണാം ലൂക്കോ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴാം വാക്യം അവൻ പുറപ്പെട്ട യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി അവന്റെ മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു ഒരുവൻ ഓടി മുട്ടുകുത്തി യേശു യാത്ര ചെയ്തു റോഡിൽ അവൻ ഓടി മുട്ടുകുത്തി എന്നാണ് ഞാൻ കാണുന്നത് യേശു യാത്ര ചെയ്തു അവൻ വന്ന് നടു റോഡിൽ മുട്ടുകുത്തി മുട്ടുകുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ ലൂക്കോസ് അസോസിയേഷൻ പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സംഭവം വിവരിക്കുന്നത് അല്പം കൂടി വേറൊരു വിധത്തിലാക്കി മാറ്റുകയാണ് നമുക്ക് വായിക്കാം ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അവൻ ഒരു പ്രമാണിയായിരുന്നു സാധാരണക്കാരനല്ല ജനത്തിലെ ഒരു പ്രമാണിയായ മനുഷ്യനായിരുന്നു ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു ജനത്തിൽ സമൂഹത്തിൽ നല്ല ഔന്നത്യം ഉണ്ടായിരുന്ന നല്ല സ്ഥാനമാനങ്ങളൊരു വ്യക്തിയായിരുന്നു ഒരു പ്രമാണി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മത്തായുടെ സുവിശേഷത്തിൽ ഒരുത്തൻ വന്നു എന്ന് പറഞ്ഞു അത് ആരാണ് എന്ന് ലൂക്കോസിൻ സുശേഷത്തിൽ പറയുന്നു ഒരു പ്രമാണിയാണെന്ന് പറയുന്നു അവൻ എങ്ങനെയാണ് അയച്ചത് എന്ന് മർക്കോസിൻ സുശേഷത്തിൽ പറയുന്നു മൂന്നും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രമാണിയായി ഒരുത്തൻ വന്ന് യേശുവിൻ്റെ മുമ്പിൽ നടു മുട്ടുകുത്തി ദൈവത്തിന് സ്തോത്രം എന്തോരാവശ്യക്കാരനാണവൻ അവനേൽ അജ്ജയില്ല യേശുവിനെ എല്ലാവരും ക്രൂശിക്കാ ക്രൂശിക്കുക എന്ന് പറയുന്ന നാട്ടിൽ യേശുവിനെ എല്ലാവരും തിരസ്കരിക്കുന്ന നാട്ടിൽ അവൻ പള്ളിക്ക എതിരാണെന്നും എറുസലേം ദേവാലയത്തിനെതിരാണെന്നും യഹൂദ മതത്തിനെതിരാണെന്നും സഭയ്ക്ക് വിരുദ്ധനാണെന്നും എല്ലാം പറഞ്ഞ് യേശുവിനെ കല്ലെറിയാൻ തുടങ്ങുന്ന സമൂഹത്തിൽ ഇതാ പ്രമാണി വന്ന് യേശുവിന് മുമ്പിൽ മുട്ടുകൂത്തുന്നു ചോദിക്കാണ് ഗുരു നിത്യജീവിനെ ഞാൻ എന്ത് ചെയ്യണം സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ മർക്കോ മത്തായിടേം പത്തൊമ്പതാം അധ്യായത്തിൽ ഇവനെക്കുറിച്ച് പറയുന്ന ഇടത്തെല്ലാം ആകെ നാം ചിന്തിച്ചു നോക്കുമ്പോൾ നാല് ചോദ്യങ്ങൾ കാണാം ഒന്ന് നിത്യജീവനെ പ്രാപിപ്പുവാ ഞെന്തു ചെയ്യണം രണ്ട് ഇനി കുറവുള്ളതെന്ത് മൂന്ന് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും നാല് ഞങ്ങൾക്ക് എന്തു കിട്ടും ഈ നാല് ചോദ്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ നേരമില്ല നാല് ചോദ്യങ്ങൾ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം ഇനി കുറവുള്ളത് എന്ത് ആർക്ക് കഴിയും ഞങ്ങൾക്ക് എന്തു കിട്ടും ദൈവജനമേ ഓരോന്ന് ഓരോന്ന് തൊട്ടു ചിന്തിക്കേണ്ടതാണ് ഇപ്പോൾ അത് ഞാൻ സമയമെടുത്താൽ മുഖ്യ ദൂത് ലഭിക്കുവാനുള്ള സമയം കുറഞ്ഞു പോകും ഒന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ നിത്യജീവന പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ള ആർത്തിയുറ്റ ആ ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നാൽ നല്ലത് എൻ്റെ ദൈവം ഈ താൽക്കാലിക ജീവിതം വിട്ട് ഈ മണ്മയമായ ജീവിതം വിട്ട് ഒരു നിത്യഭവനത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യേണ്ടവനാണ് ആ നിത്യതാ സ്വർഗത്തിലാകേണ്ടതാണ് എനിക്ക് അപ്രാപ്യമായ സ്വർഗം എനിക്ക് എത്തിച്ചേരാൻ സാധ്യമല്ലാത്ത സ്വർഗം എനിക്ക് തരാനാണ് നാഥ നീ ക്രൂസിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിത്യസ്വർഗം വിട്ട് ഈ താൽക്കാലിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂസിൽ മരിച്ച രക്ഷക നീ എനിക്ക് സ്വർഗം തരാനാണ് സ്വർഗ്ഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാ നിൻ്റെ ക്രൂസിൽ ചൊരിഞ്ഞ കൊണ്ട് എൻ്റെ പാപക്കറകളെ കഴുകണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ അപാകതകളും മാറ്റണമേ എൻ്റെ ജീവിതത്തിലെ ബലഹീനതകൾ മാറ്റണമേ എന്നെ നീ ആഴത്തിൽ കഴുകിയെടുക്കണമേ എൻ്റെ പഴയ ജീവിതം മാറ്റണമേ എന്നെ നീ വിശുദ്ധീകരിക്കണമേ അതാ നിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളകരുമായി ജീവിക്കാൻ എനിക്കിനൊരു സൗഭാഗ്യകാലം തരണമേ നാം പ്രാർത്ഥിക്കേണ്ടത് നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാൻ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ കൊണ്ട് അതാണ് സാധിച്ചെടുക്കേണ്ടത് നിത്യജീവനെ പ്രാപിക്കുക കർത്താവേ ഇന്നത്തെ ഈ യോഗത്തിൽ മാത്രമല്ല ഇനിയുള്ള ഓരോ യോഗത്തിലും ഓരോ ബൈബിൾ ക്ലാസ്സിലും നിന്നെ തിരുവചനോൻ്റെ ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറി നിത്യജീവൻ്റെ അവകാശം എനിക്ക് തരണമേ ഈ ക്ഷണികമായ ലോക ജീവിതം കഴിഞ്ഞ് ഒരിക്കലും തീരാത്ത അനന്തമായ നിത്യത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ നിത്യസ്വർഗ സൗഭാഗ്യം എനിക്ക് തരണമേ അതെനിക്ക് നഷ്ടപ്പെടല്ലേ നിത്യചാതനയിലേക്ക് ഞാൻ പോകാൻ ഇടവരല്ലേ എന്നുള്ളത് പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കട്ടെ ഇന്ന് ഈ സന്ധ്യാവേളയിൽ കരുണിയുള്ള കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്ന് മകനെ നിനക്ക് നിത്യജീവൻ വേണമോ എന്ന് ചോദിക്കുകയാണ് മകളെ നിനക്ക് നിത്യസ്വർഗത്തിന്റെ അവകാശം വേണമോ എന്ന് ചോദിക്കുകയാണ് ഒരിക്കലും നിനക്ക് ലഭിക്കാൻ യോഗ്യതയില്ലാത്ത ഒരിക്കലെത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത നിത്യ സ്വർഗത്തിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് അത്ഭുത അനുഗ്രഹങ്ങളിലേക്ക് അത്ഭുത സോപാനങ്ങളിലേക്ക് മകനെയും കയറ്റട്ടെ എന്ന് കർത്താവ് പറയുകയാണ് അതിനുവേണ്ടി യേശു നിങ്ങളെ നേരെ കര നീട്ടുകയാണ് ആ ആണിപ്പാടിലെ കരം ഇപ്പോൾ പ്രിയരെയും നിങ്ങളൊന്ന് കാണുക ആന്തരിയ കണ്ട് തുറന്ന് യേശുവെ നിൻ്റെ ആ തിരി രക്തം പോരണ്ട കരം ഞാനൊന്ന് കാണട്ടെ ഇപ്പോൾ ആ കരം ഞാനൊന്ന് മൊത്തട്ടെ ആ കരത്തിൽ ദാഥ ഞാനൊന്ന് ആശ്രയിക്കട്ടെ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കട്ടെ ഇന്ന് ഈ രാത്രി ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നീ എന്നെ നയിക്കണമേ ദാഥ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒരു പുതിയ ജീവിതത്തിനായി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സമർപ്പിക്കാം ദൈവനാമം